നമുക്ക് ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിമരണത്തിന് തൊട്ടുമുമ്പ് നടക്കുന്ന ഒട്ടേറെ സംഭവ നേർചിത്രമാണ് ഈ പതിനാലാമത്തെ അധ്യായം അവിടെയാണ് നമ്മൾ ഒരു സ്ത്രീയെ വെൺകൽ ഈ വിലയേറിയ സ്വച്ഛജമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് കർത്താവിനെ പൂശുന്നത് നമ്മളവിടെ കാണുന്നുണ്ട് അതുപോലെ യൂത കർത്താവിനെ ഒറ്റ ആ നിലയിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട് കർത്താവായി യേശുക്രിസ്തുശമനത്തോട്ടത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ഭാഗം ഇതൊക്കെയാണ് ഈ മർക്കോസിൻ്റെ സുശേഷം പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഓരോന്നായിട്ട് നോക്കാം ഒന്നാമതായിട്ട് പതിനാലാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അതിൻ്റെ ഒൻപത് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചെലവ് എന്തിന് ഇത് മുന്നൂറ്റിലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫൽസിച്ചു കർത്താവട്ടെ അവളെ വിടുവീൻ അവളെ അസഹ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അവളെ അഭിനന്ദിച്ച ചില കാര്യങ്ങൾ പറയുന്നു അവൾ തന്നാൽ ആവത് ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു അതുപോലെ തന്നെ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ കർത്താവ് വളരെ പ്രത്യേകതയുള്ള ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത് സുവിശേഷ ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാ പറഞ്ഞു അപ്പം ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു സ്ത്രീ ആ സ്ത്രീയെ നമ്മൾ യോഹനൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് മാർത്തയുടെ സഹോദരിയായ മറിയ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ സ്ത്രീയെ എന്തു ചെയ്തു അവൾ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജമാംസി തൈലവുമായിട്ട് വന്ന് ഭരണി പൊട്ടിച്ച് അവനെ പൂശുന്നു അപ്പോഴേ ശിഷ്യന്മാർ അതിലെ നീരസപ്പെടുന്നു കർത്താവ് അവളെ അഭിനന്ദിക്കുന്നു നമുക്ക് അതിൻ്റെ വാക്യം ശ്രദ്ധിക്കാം ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് സുവിശേഷം പോകുന്നിടത്തൊക്കെ ലോകത്തിൽ എവിടെയൊക്കെ പ്രസംഗിക്കുമോ അവിടെല്ലാം അവൾ ചെയ്തത് അതിനോടൊപ്പം അവളുടെ ഓർമ്മയ്ക്കായിട്ട് അതോടൊപ്പം പോകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെ കാണാം യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം എന്തു പോകണം ഒരു തകർച്ചയുടെ ഒരു സന്ദേശം കൂടെ പോകണം എന്ന് വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ പറയാം അവൾ എന്താ ചെയ്തത് അവള് മുന്നൂറിൽ ചുല്ലുവാനും വെള്ളിക്കാശ് വിലയുള്ള തൈലം അന്നത്തെ നില ഒരാളുടെ ഒരു ദിവസത്തെ രാവിലെ മുതല് വൈകുന്ന വരെയുള്ള കൂലി ഒരു വെള്ളിക്കാശ് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തു എന്ന് നമ്മൾ ഒരു ഉപമയിൽ വായിക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരു വെള്ളിക്കാശ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആ ആ വിലയുള്ള ആ തൈലമാണ് ഇവള് ഈ ഭരണി പൊട്ടിച്ച് കർത്താവിനെ പൂശിയത് അങ്ങനെയെങ്കിൽ അതൊരു വെറും ചെലവാണ് ഒരു പാഴ്ച്ചെലവാണ് എന്ന് ശിഷ്യന്മാരുൾപ്പെടെ ഉള്ളവർ പറഞ്ഞതിൽ ഇന്നത്തെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ ചില വാസ്തവം ഉണ്ടെന്ന് കാണാം പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ സമൂഹം എന്താ പറയുന്നത് നല്ല ഒരു പയ്യനായിരുന്നു അവനിങ്ങനെ ഏതാണ്ട് സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ ഭാവി തകർത്ത് കളഞ്ഞു അവൻ്റെ ജീവിതം നഷ്ടമാക്കി കളഞ്ഞു അത് പാഴായി പോയി എന്നല്ലേ പറയുന്നത് കർത്താവ് പറയുന്നു യഥാർത്ഥ സുവിശേഷം പോകുന്നിടത്തൊക്കെ ഈ പാഴാക്കലിൻ്റെ ഒരു സന്ദേശം കൂടെ പോകും എന്ന് കർത്താവ് പറയുമ്പോൾ അതിൽ നിന്ന് നിന്ന് നമുക്കൊരു പാഠം എടുക്കാനുണ്ട് ഇവിടെ നോക്കുക ഈ ഇവിടെ നമ്മൾ ഇന്നത്തെ സുവിശേഷവിഹിത ലോകത്ത് നോക്കിയാൽ നമ്മളാളുകളോട് ചോദിക്കുക സുവിശേഷവിഹിത ലോകത്ത് സഭകളുടെ ഉത്തരവാദിത്വമുള്ള ആളുകൾ അവർ പ്രസംഗിക്കുന്ന വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒന്ന് മാനസാന്തരത്തെക്കുറിച്ച് പറയും സ്നാനത്തെക്കുറിച്ച് പറയും പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറയും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയും അപരക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു സഭയിൽ അംഗമായി പിന്നെ അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ള നിലയിലാണ് അവർ ക്രിസ്തീയതയെ പലപ്പോഴും പ്രസംഗിക്കാറുള്ളത് എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞ പാഴാക്കലിൻ്റെ അല്ലെങ്കിൽ തകർച്ചയുടെ നഷ്ടപ്പെടുത്തലിൻ്റെ ഒരു സന്ദേശം അവർ പലപ്പോഴും പറയാറില്ല അതുപോലെ എന്താ ഒരാളുടെ ഉപദേശത്തിൽ താഴേ അയാളുടെ ജീവിതം നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പറയുന്നത് പോലെ അവരിൽ പലരുടെയും ജീവിതം ഒരു തകർച്ച ജീവിതം കടന്നു പോകുന്നു യഥാർത്ഥത്തില് ദൈവം ഭാഗത്തകരപ്പെട്ട ഒരു ജീവിതത്തിന് മാത്രമേ അതിൽ നിന്ന് മാത്രമേ ഒരു സൗരഭ്യം ആ വീടിനെ നിറയ്ക്കുകയുള്ളൂ ഈ നമ്മൾ എന്താ ഈ തകർച്ചയെന്ന് പറയുന്നത് നമ്മൾ ബൈബിളില് ഉടനീളം യാക്കോബിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിന് എന്തുണ്ടാകുന്നു പെനിയലിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വച്ച് ദൈവത്തെ മുഖാമുഖമായിട്ട് കാണുന്നു ദൈവത്തോടെ മല്ലി പിടിക്കുന്നു ദൈവം തുടയുടെ തടം തൊട്ടു അത് ഉളുക്കിപ്പോയി പിന്നീട് അവനെന്നും ഒരു വടി വേണ്ടവനായിട്ട് അവനായിത്തീർന്നു കാര്യം അവനൊരു മുടന്തനായിത്തീർന്നു അതുകൊണ്ടാണ് വിശ്വാസികളുടെ ആ വിശ്വാസവീരന്മാരുടെ ചരിത്രം പറയുന്ന എബ്രഹം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ യാക്കോബിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ വടിമേൽ ചാരിക്കൊണ്ട് നമസ്കരിച്ചു വടി ആ വടി എവിടെയാ ആവശ്യമായി വന്നത് ആ യാബോക്ക് കടവ് സംഭവത്തിന് ശേഷമാണ് നമ്മൾ അതിനെ വളരെ വേഗത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ഇങ്ങനെ പറയാം ഈ യാബോക്ക് സംഭവം വരെ യാക്കോബ് വളരെ ശക്തനായ ഒരാളായിരുന്നു എന്നാൽ അവിടെ വെച്ച് അവൻ തകർന്നു പോയി അവൻ കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ടു മോശയുടെ ജീവിതം നോക്കുക മോശയെ കുറിച്ച് ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് ദൈവത്തെ അഭിമുഖമായി അറിഞ്ഞ മോശ എന്നാ പറയുന്നത് ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ടു അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി സംഖ്യാപുസ്തകം പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്നു ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും മോശ അതിസൗമ്യനായിരുന്നു ഇയോബ് നാൽപ്പത്തിരണ്ടിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇയോബ് പറയുന്നു ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ പക്ഷെ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു അതുകൊണ്ടെന്ത് സംഭവിക്കുന്നു ഞാൻ എന്നെ തന്നെ വെറുത്ത പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുന്നു കണ്ടോ ഇവരൊക്കെ ശക്തരായ ആളുകളായിരുന്നു പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അവർക്കൊരു തകർച്ചയറിഞ്ഞു പൗലോസിൻ്റെ കാര്യം നമുക്കറിയാം ദമസ്കോസിൻ്റെ പടിവാതക്കൾ വെച്ച് കർത്താവിനെ കണ്ടു എന്നാൽ രണ്ടു കോരിന്തർ പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സ്ഥിരം ആ നിലയിൽ ഒരു ബലഹീനതയുള്ളവനായിട്ട് എന്ന് വെച്ചാൽ ഒരു തകർച്ച അറിയുന്നവനായിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഇന്ന് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെ വെച്ചെങ്കിലും ഒരു മുഖാമുഖം ഉണ്ടാകണം ആ മുഖാമുഖത്തിൽ നമ്മുടെ ജീവിതമാകുന്ന ആ ഭരണി ആ സ്വച്ഛജമാംസി തൈലമുള്ള വെൺകൽ ഭരണി തകർന്നു പോകണം അങ്ങനെ തകർന്നാലേ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിനൊരു സൗരഭ്യമായിരിക്കും അല്ലെങ്കിൽ കേവലം രക്ഷിക്കപ്പെട്ടു സ്നപ്പെട്ടു സഭയിൽ അംഗമാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ചുള്ള അന്യോന്യമുള്ള മത്സരം അസൂയ പിണക്കം ഇതൊക്കെയും വന്ന് ഇതൊരു സൗരഭ്യമല്ല പലപ്പോഴും പുറപ്പെടുവിക്കുന്നത് യഥാർത്ഥത്തിൽ മോശയെപ്പോലെ അതിസൗമ്യനായിരിക്കണമെങ്കിൽ യാക്കോവിനെ പോലെ ജീവിതകാലം മുഴുവൻ ദൈവത്തിൽ ചാരിക്കൊണ്ട് നിൽക്കണമെങ്കിൽ നമ്മളൊരു തകർച്ച അറിഞ്ഞേ കഴിയുള്ളൂ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വാജ്മന്നി എന്ന് പറയുന്ന ദേവദാസന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ തകർച്ച അതിനുശേഷം കൊച്ചു കൊച്ചു തകർച്ചകൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു തകർച്ചകൾക്ക് ശേഷം ഒരു വലിയ തകർച്ച എങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയം വലിയ ഒരളവിൽ തകർന്നു തകർന്നു പോയാൽ മാത്രമേ നമ്മിൽ നിന്നൊരു സൗരഭ്യം പുറപ്പെടുകയുള്ളൂ അത് കർത്താവിനെ സന്തോഷിപ്പിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ഇവിടെ നമ്മൾ കണ്ടോ കർത്താവ് പറയുന്നു സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കണം എന്നിടത്തെല്ലാം ഈ തകർച്ചയുടെ സന്ദേശവും ഒപ്പം പോകണം എന്ന് കർത്താവ് പറയുന്നു അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നു അവൾ തന്നാലാവുത് ചെയ്തു നമ്മളെ കൊണ്ട് എല്ലാവരെയും നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷം അറിയിക്കാനോ ആഫ്രിക്കയിൽ പോയി സുവിശേഷം അറിയിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരികയില്ല എന്നാൽ നമ്മളായിരിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ ഒരു തകർച്ച അറിഞ്ഞവരായിട്ട് ദൈവത്തോടൊരു മുഖാമുഖമുണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വയം വലിയൊരളവിൽ തകർന്നു പോയവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിനൊരു സൗരഭ്യം നൽകാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയും അതുകൊണ്ടാണ് അവൾ തന്നാലാവത് ചെയ്തു ഈ ഒരു വാക്യം ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ വന്ന സുശേഷ പ്രവർത്തനത്തിനായിട്ട് വന്ന ജീവിതം തകർന്ന് പാഴാക്കിക്കളഞ്ഞ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പാഴാക്കി കളഞ്ഞ എമി കാർ മൈക്കിളിൻ്റെ കല്ലറയിൽ ഈ വാചകമാണ് കൊത്തിവെച്ചിട്ടുള്ളത് അവൾ തന്നെ ലാവ് ചെയ്തു നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവുമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും രംഗങ്ങളിൽ ഒരു മുഖാമുഖമുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്വയം വലിയൊരളവിൽ തകർന്നു പോവുകയും അതിനെ തുടർന്ന് കർത്താവിന് ഒരു സൗരഭ്യമായിട്ട് നാം ആയിരിക്കുന്നിടത്ത് ആകുകയും ചെയ്താൽ സുവിശേഷത്തോടൊപ്പം പോകണമെന്ന് കർത്താവ് പറഞ്ഞ ഈ തകർച്ചയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുപോകാൻ കഴിയും കർത്താവ് നമ്മെ നോക്കി പറയും അവൻ അവൾ അവരാൽ ആവത് എന്ന് അഭിനന്ദിക്കും ഈ ഒരു അനുഭവം നമുക്ക് വാഞ്ചിക്കാം അതിനായിട്ട് ആഗ്രഹിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരട്ടെ പ്രിയപ്പെട്ടവരെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ വരുമ്പോൾ പന്തിരുവരിൽ ഒരുവനായ ഈസ്കരിയോത്ത യൂത കർത്താവിനെ ഒറ്റ കൊടുക്കാനായിട്ട് പണം മുപ്പത് പള്ളിക്കാശ് പറഞ്ഞൊത്ത് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതൊക്കെയാണ് നമ്മളെ കാണുന്നത് അവിടെ അങ്ങനെ ഈസ്കരിയോത്ത യൂത അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ മറ്റ് സുവിശേഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പന്തിരുവരിൽ ഒരുവനായ ഈസ്കരിയോത്ത യൂത യേശുവിനെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പല കാര്യങ്ങൾ ഇത് മറ്റ് സുവിശേഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ ഇത് പതിനാലിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ മുന്നൂറ് വെള്ളിക്കാശ് ഒരാളുടെ ഏകദേശം ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉള്ള ആ തുക ഇങ്ങനെ വെറുതെ ചെലവഴിച്ച് പാഴാക്കി കളഞ്ഞല്ലോ എന്ന് ശിഷ്യന്മാരും അവൻ്റെ തലയിൽ ഒഴിച്ചു അവിടെ ചിലരങ്ങനെ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു സുവിശേഷത്തിലെ ശിഷ്യന്മാർ അങ്ങനെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണങ്ങനെ പറഞ്ഞത് ഇസ്കരിയോത യൂത അങ്ങനെ പറഞ്ഞത് കാരണം ഇസ്കരിയോത്ത യൂദാ പണസഞ്ചി സൂക്ഷിക്കുന്ന ആളാണ് പണത്തിൻ്റെ വിലയൊക്കെ അറിയാം പണം വെറുതെ നഷ്ടപ്പെടുത്തുന്നതൊന്നും അവനെ സഹിക്കുകയില്ല അതുകൊണ്ട് ഇത് മുന്നൂറ്റിൽ അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമല്ലോ എന്നുള്ള ഒറ്റ നല്ലതായ അഭിപ്രായ പ്രകടനം നടത്തിയതാരാണ് ഇസ്കരിയോത്ത യൂത തന്നെയാണ് ഇസ്കരിയോത്ത യൂത അത് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത് അവൻ പറഞ്ഞതിനോട് യോജിച്ചോ ഇല്ല യോജിച്ചില്ല എന്നു മാത്രമല്ല ആ സ്ത്രീ ചെയ്ത ആ പാഴാക്കലിനെ അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോൾ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇസ്കരിയോത്ത യൂത പറഞ്ഞ ഒരു അഭിപ്രായത്തെ കർത്താവ് തള്ളിക്കളയുന്നു തള്ളിക്കളഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇസ്കരിയോത്ത യൂത അഭിമാനിയും സ്വയത്തിൽ വളരെ ശക്തി ഉള്ളവനുമായ അതായിരിക്കാം കർത്താവിനെ ഉറ്റി കൊടുക്കാൻ ഒരു നിമിത്തമായി തീർന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പത്ത് നോക്കുക ഈ മുകളിലത്തെ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നെ പന്തിരൂരിൽ ഒരുത്തനായ സ്ക്രിയോത്ത യൂത മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് കർത്താവിനെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നു എന്ന് അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറിൻ്റെ പതിനാലാമത്തെ വാക്യം നോക്കിയാൽ അന്ന് തന്നെ ഈ ഈ കർത്താവ് ഈ സ്വച്ഛടമാംസി തൈലം പൂശ്യതിനെ ന്യായീകരിക്കുകയും യുസ്കരിയോത്ത യൂഥയെ താക്കീത് ചെയ്യുകയും ചെയ്ത അല്ലെങ്കിൽ വളരെ ലഘുവായിട്ട് അവൻ പറഞ്ഞതിനെതിരെ പറയുകയും ചെയ്ത അന്ന് അവൻ പോയി മഹാപുരോഹിതന്മാരെ കണ്ട് കർത്താവിനെ ഒറ്റ കൊടുക്കാം എന്ന് പറഞ്ഞ് അച്ചാരം വാങ്ങിയത് എന്ന മത്തായി ഇരുപത്തി ആറിൻ്റെ പതിനാലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്താ ഇസ്കരിയോത്ത യൂതയെ കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പ്രേരിപ്പിച്ച ആ ഇമ്മീഡിയറ്റായ പ്രൊവൊക്കേഷൻ എന്താണ് അത് തീർച്ചയായിട്ടും കർത്താവ് എല്ലാവരുടെയും മുമ്പിൽ വച്ച് യൂത പറഞ്ഞ നല്ലൊരഭിപ്രായം നല്ലൊരഭിപ്രായം എന്നുള്ളത് അവൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നോട്ടത്തിൽ ആ നല്ല അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞ് പാഴാക്കലിൻ്റെയും തകർച്ചയുടെയും തന്നെ തൻ ശൂന്യനാക്കുന്നതിൻ്റെയും ഒക്കെ ആ കാര്യത്തെ ന്യായീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തപ്പോൾ അവൻ എന്തു ചെയ്തു ഇസ്കരിയോത്ത യൂത ഉള്ളിൽ നീരസപ്പെട്ടു അവൻ ഉള്ളിൽ മുറിപ്പെട്ടു ഞാൻ പറഞ്ഞതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനോക്കു എന്നാ ഇവനെ കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം എന്നുള്ള നിലയിലാണ് ഇസ്കരിയോത്ത യൂത അന്ന് തന്നെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ അച്ചാരം പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ സത്യത്തിൽ ഇസ്കരിയോത്ത യൂത കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ഉള്ള കാരണമെന്താ അവനിൽ തന്നെ ഉള്ള ഒരു വലിയ ഒരു വലിയൊരു ഭാവം ഉണ്ടായിരുന്നു ഞാനൊരു വലിയ ആളാണ് എന്നുള്ള ആ ഒരു സ്വയം അവനില് ശക്തമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും മറ്റു പലരെയും പരസ്യമായിട്ട് ശാസിച്ചിട്ടില്ലേ ഉണ്ട് ഉദാഹരണത്തിന് പത്രോസിനെ നോക്കുക മത്തായി എഴുതിയ സുശേഷം പതിനാറിന്റെ ഇരുപത്തി മൂന്നില് കർത്താവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസിനെ ശാസിക്കുന്നത് എന്താ ആ സാത്താനെ നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്നാണ് പത്രോസിനെ ശാസിച്ചത് സാധാരണ ആരും ആ വാക്കുകളുടെ മുമ്പാകെ ഇടറിപ്പോകും പക്ഷെ പത്രോസ് ഇടറിപ്പോയില്ല കാരണം പത്രോസിനറിയാം എൻ്റെ ഗുരു എന്നെ ശാസിക്കുന്നത് എനിക്ക് നല്ലതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തൊന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം ഓർക്കുക നീതിമാൻ എന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്കെണ്ണയാണ് അവനെന്നെ അടിക്കുന്നത് ദയാണ് അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്കെണ്ണയാണ് എന്നാണ് നൂറ്റിനാൽപ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ പത്രോസിന് അവനിൽ തന്നെ താൻ ഒരു വലിയ ആളാണെന്നുള്ള ഒരു ചിന്ത അതുകൊണ്ട് കർത്താവ് പരസ്യമായിട്ട് പലവട്ടം പത്രോസിനെ ശാസിക്കുകയും ഇവിടെ നമ്മൾ വായിച്ച് ചിന്തിച്ചതുപോലെ മത്തായി പതിനാറിൻ്റെ ഇരുപത്തി മൂന്നില് സാത്താനെ എന്നുള്ള ഏറ്റവും ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള ഏറ്റവും കഠിനമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പത്രോസിനോടാണ് പക്ഷേ പത്രോസ് അതിൻ്റെ മുമ്പിൽ നീരസപ്പെടുകയോ കർത്താവിനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ പത്രോസിന് പറഞ്ഞതിനേക്കാൾ വളരെ വളരെ വളരെ ലഘുവായ ഒരു തിരുത്തല് ഇസ്കരിയോത്തായ യൂതായിക്ക് നൽകിയപ്പോൾ ഇസ്കരിയോത്ത യൂത എന്ത് ചെയ്തു ഇടറിപ്പോയി കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നു ഇത് നമുക്കും തരുന്ന ഒരു സന്ദേശമുണ്ട് നമുക്ക് തരുന്ന സന്ദേശം എന്താ പ്രിയപ്പെട്ടവര് നമ്മളും ചിലപ്പോഴേ ചില ആളുകളോട് അല്ലെങ്കിൽ ചിലർ നമ്മളോട് കർശനമായിട്ട് ചിലത് പറയുമ്പോൾ എവിടെയാണ് നമുക്കൊരു ഇടർച്ച വരുന്നത് നീരസം വരുന്നത് എവിടെയാണ് നമ്മൾ തന്നെ വലിയ ആളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നീരസപ്പെട്ട പെട്ടെന്ന് മുറിപ്പെട്ട് പോകും നമ്മുടെ സ്വയത്തിലാണ് നമ്മൾ മുറിപ്പെടുന്നത് നമ്മുടെ നമ്മളെക്കുറിച്ച് തന്നെയുള്ള വലിയ ഭാവത്തിലാണ് നമ്മൾ മുറിപ്പെടുന്നത് നമ്മളെ കുറിച്ചുള്ള വലിയ ഭാവം നമ്മുടെ ചിന്തകളിലൂടെയാണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ നമ്മൾ എന്തു വേണം അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിലെ പറയുന്നു ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ എടുക്കൽ മുലകൂടി മാറിയ പൈതൽ എന്ന ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു അതുകൊണ്ട് എന്താ അതുകൊണ്ട് നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിന് സങ്കീർത്തനക്കാരൻ തൻ്റെ ഒരു അനുഭവം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഐ ഡോ തിങ്ക് മൈസെൽഫ് ബെറ്റർ ദാൻ അതേഴ്സ് എന്നാണ് ലിവിങ് ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നികളിച്ച് നടക്കുന്നില്ല അപ്പം നികളം ഗർവം എന്നുവെച്ചാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ ഭേദമാണ് എന്നുള്ള ആ നികളത്തിനാണ് ഒരു ചെറിയ തിരുത്തൽ കൊണ്ട് മുറിപ്പെടു മുറിപ്പാടുണ്ടാകുന്നത് ദുഷ്കരിയോത്ത അങ്ങനെ മുറിപ്പെട്ടു അവൻ യേശുവിനെ അന്ന് തന്നെ പോയി മുപ്പത് വെള്ളിക്കാശിന് ഒറ്റി കൊടുക്കാനായിട്ട് അച്ചാരം വാങ്ങുന്നു ആ കാര്യമാണ് നമ്മൾ കാണുന്നത് മുപ്പത് വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു അടിമയുടെ വിലയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം സക്കരിയാവ് പതിനൊന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം പുറപ്പാട് ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് സക്കരിയാവ് പതിനൊന്ന് പന്ത്രണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ മുപ്പത് വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു അടിമയുടെ വിലയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവൻ്റെ ദൃഷ്ടിയിൽ കർത്താവിന് ഒരു അടിമയുടെ വിലയാണ് ഉണ്ടായിരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വിസ്കരിയത്തായ യൂതായെ സംബന്ധിച്ചിടത്തോളം പണത്തിനെതിരെ കർത്താവ് നൽകിയ പ്രഭാഷണങ്ങളൊന്നും അവൻ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തില്ല നമ്മൾ നോക്കുക കർത്താവിൻ്റെ ഈ ഭൂമിയിലെ പല നിലയിലുള്ള ഉപദേശങ്ങളിൽ എത്രയോ വട്ടം പണത്തിനെതിരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് മത്ത എഴുതിയ സുവിശേഷം ആറാമത്തെ ആയ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കുക ഇരുപത്തിനാലാമത്തെ വാക്യം നോക്കുക ലൂക്കോസ് ആറിൻ്റെ ഇരുപത് നോക്കുക ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തി മൂന്ന് വാക്യം വായിക്കുക ഇവിടെയൊക്കെ കർത്താവ് വളരെ വ്യക്തതയോടെ പണത്തിനെതിരെ ദ്രവ്യാഗ്രഹത്തിനെതിരെ ജാഗ്രത പാലിക്കണം എന്നുള്ള സന്ദേശം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി ശിഷ്യന്മാർക്ക് നൽകി കാര്യം ഗിരിപ്രഭാഷണം മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണം ശിഷ്യന്മാരെ ഉദ്ദേശിച്ചായിരുന്നു അപ്പം അവിടെ പണത്തിനെതിരെ കർത്താവ് നൽകിയ ആ താക്കീതുകൾ മുന്നറിയിപ്പുകൾ ഒന്നും ഇസ്കരിയോത്ത ഹൃദയം കൊണ്ട് എടുത്തില്ല ഫലമായിട്ട് അവൻ എന്തുണ്ടായി ആ ദ്രവ്യാഗ്രഹം അവനെ വിടാതെ പിൻപറ്റി തന്നെ കർത്താവ് ഒരു ചെറിയ കാര്യത്തിൽ ശാസിച്ചപ്പോൾ അവൻ പണങ്ങി കർത്താവിനെ ഒറ്റക്കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കർത്താവായി യേശു പഴയ നിയമത്തിലെ നിഴലായ ജോസഫിനെ സ്വന്തം സഹോദരന്മാരും ഇങ്ങനെയാണല്ലോ ഒറ്റിക്കൊടുത്തത് അവിടെ ഇരുപത് വെള്ളിക്കാശിനാണ് ഒറ്റിക്കൊടുത്തത് എന്നുള്ള വ്യത്യാസമേ ഉള്ളു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തേഴിൻ്റെ ഇരുപത്തിയെട്ട് വായിച്ചാൽ ജോസഫിനെ സഹോദരന്മാർ ഇരുപത് വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുത്തു ഇവിടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പം മുപ്പത് വെള്ളിക്കാശ് ഒരടിമയുടെ വില അതിന് ഇസ്കരിയോത്ത യൂത കർത്താവിനെ ഒറ്റിക്കൊടുത്തു അവന് അങ്ങനെ ഒറ്റക്കൊടുക്കാൻ കാരണം അവനിലുണ്ടായിരുന്ന ശക്തമായ അഹമാണ് ശക്തമായ ഞാൻ എന്ന ഭാവമാണ് അതിനെ കർത്താവ് ലഘുവായിട്ടൊന്നു ശാസിച്ചപ്പോൾ അവൻ എടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പത്രോസ് അനുഗ്രഹീതനായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവന് കർത്താവ് അതിനേക്കാൾ ശക്തമായിട്ട് ശാസിച്ചിട്ടും അവൻ ഇടറിപ്പോയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ശാസനയുടെ മുമ്പാകെ നമുക്കും നമ്മളെ തന്നെ താഴ്ത്താം ഇടറിപ്പോകണ്ട കർത്താവ് അല്ലെ ദൈവസഭയിലെ കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് ഒക്കെ കിട്ടുന്ന ശാസനകളെ നീതിമാൻ എന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ അവൻ എന്നെ അടിക്കുന്നത് ദയാ എന്നുള്ള നിലയിൽ നമുക്കെടുക്കാൻ പറ്റിയാൽ നമ്മൾകരിയാത്ത യൂതായ പോലെ നഷ്ടപ്പെട്ടു പോകുകയില്ല പത്രോസിനെ പോലെ അനുഗ്രഹീതരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവ് ശിഷ്യന്മാരോടൊപ്പം പ്രസഹ കഴിക്കുന്നു അതുപോലെ കർത്തർമേശ ആ നിലയിൽ സ്ഥാപിക്കുന്നു ഇതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അവർ ഭക്ഷിക്കുമ്പോൾ അവനപ്പം എടുത്തു നുറുക്കി അവർക്ക് കൊടുത്തു കണ്ടു അവിടെ മൂന്ന് വാക്കുകൾ ശ്രദ്ധേയമാണ് കർത്താവ് എന്ത് ചെയ്തു അപ്പം എടുത്തു നുറുക്കി കൊടുത്തു കർത്താവിൻ്റെ ജീവിതത്തോട് ഈ മൂന്ന് കാര്യത്തെ താരതമ്യം ചെയ്ത് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഒരു ലഘുവായ അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു വിവരണമാണ് ഈ എടുത്തു നുറുക്കി കൊടുത്തു എന്നതിലുള്ളത് എന്ന് വേദപണ്ഡിതന്മാർ പറയാറുണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് മനുഷ്യവേഷം എടുത്തു നുറുക്കി എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് ക്രൂശിലെ നുറുങ്ങപ്പെടുന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി നൽകി അപ്പം കർത്താവിൻ്റെ ജീവചരിത്രത്തെ മുഴുവൻ ഈ ലോകത്തിലുണ്ടായിരുന്ന ആ ജീവിതത്തെ മുഴുവൻ നമുക്ക് മൂന്ന് കൊച്ചു വാക്കുകളിൽ സംക്ഷേപിക്കാം അവൻ എടുത്തു അവൻ മനുഷ്യവേഷം എടുത്തു നുറുക്കി ക്രൂശിലവൻ്റെ നുറുങ്ങപ്പെട്ടു കൊടുത്തു അവിടുന്ന് തന്നെ തന്നെ നൽകി ഈ കാര്യം നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് കഴിയും തുടർന്ന് കർത്താവായി യേശു ക്രിസ്തു ഗസമനത്തോട്ടത്തിൽ തന്നെ തൻ്റെ ദുഃഖത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു നമ്മൾ നമ്മൾ ബൈബിളിലൂടെ എന്ന പുസ്തകത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവ് എന്തുകൊണ്ടാണ് ഇത് നീങ്ങിപ്പോകണം എന്നാഗ്രഹിച്ചത് കാരണം പാപത്തെ നോക്കുവാൻ പോലും കഴിവില്ലാത്തവനായ വലിയവനായ പിതാവ് ക്രൂശില് ലോകത്തിൻ്റെ മുഴുവൻ പാപം വഹിച്ചു കിടക്കുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധത്തിൽ ചുരുങ്ങിയ മണിക്കൂറുകളിലേക്കാണെങ്കിലും ഒരു വേർപിരിയൽ ഉണ്ടാകും അത് ദൈവ കർത്താവിന് സഹിക്കാനായിട്ട് കഴിയേയില്ല അതുകൊണ്ടാണ് ഇത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് എന്നൊക്കെ നമ്മളവിടെ വിശദമായിട്ട് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ആ ഭാഗങ്ങൾ ചിന്തിച്ച് പിന്നെയും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് കർത്താവായി യേശു ക്രിസ്തുവിനെ പത്രോസ് തള്ളിപ്പറയുന്നു പത്രോസ് തള്ളി പറയും പത്രോസ് തള്ളി പറയുന്ന ആ ഭാഗം നമുക്കറിയാം പത്രോസ് എന്തു ചെയ്തു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പത്രോസ് അകലം വിട്ട് പിഞ്ചെന്നു മറ്റൊരു സുവിശേഷത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനെ അകലം വിട്ട് പിഞ്ചെന്നു അകലം വിട്ട് പിഞ്ചെന്നിട്ട് പത്രോസ് എന്തോ ചെയ്തു അതിൻ്റെ പതിനാലിൻ്റെ അറുപത്തി ആറാമത്തെ വാക്യത്തിൽ അവൻ താഴെ നടുമുറ്റത്തിരുന്നു എന്നുവെച്ചാൽ താഴെ എന്ന് പറഞ്ഞാൽ അവനെ ഇരിക്കേണ്ടിടത്ത് നിന്ന് താഴെ ഇരുന്നു അവന് ഇരുന്നതാരോടൊപ്പമാണ് ഇരുന്നത് ഈ സേവകരോടും കർത്താവിനെ ആ നിലയിൽ പരിഹസിക്കുന്ന ആളുകളോടും ഒപ്പമാണ് ലോകമനുഷ്യരോടൊപ്പമാണ് ഇരുന്നത് അങ്ങനെ ഇരുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി അവൻ മൂന്ന് വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു പത്രോസിൻ്റെ ഈ തള്ളിപ്പറയിലെ പടിപടിയായി ഉണ്ടായ ഒരു വീഴ്ചയോട് ചേർത്ത് പലപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവൻ്റെ വീഴ്ചയുടെ തുടക്കം പെട്ടെന്ന് അവൻ തള്ളി അല്ല അതിന് ചില കാര്യങ്ങളുണ്ടായി കർ എന്താണ് ആദ്യത്തെ കാര്യം ഒന്നാമത് കർത്താവിനോട് വളരെ അടുത്ത് നിൽക്കേണ്ട പത്രോസ് പ്രിയ ശിഷ്യനായ പത്രോസ് കർത്താവിനെ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവിനെ ഇപ്പോഴെങ്ങനെയാണ് പിൻപറ്റുന്നത് അകലം വിട്ടാണ് കർത്താവിനെ അനുഗമിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടായാൽ അവിടെ ആയിരിക്കില്ല തള്ളിപ്പറയിൽ നടക്കുന്നത് പക്ഷെ അത് പിന്മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു അവൻ താഴെ താഴെ എന്ന് വെച്ചാൽ ആ ആ ജീവിതത്തിന്റെ ഒരു താഴ്ചയെ കാണിക്കുന്ന ഒരു കൊച്ചു വാക്കായിട്ട് നമുക്കതിനെ പതിനാലിൻ്റെ അറുപത്തി ആറിലെ ആ പ്രയോഗത്തെ എടുക്കാം മൂന്നാമതവന് ആരോടൊപ്പം ആയിരുന്നത് ലോകമനുഷ്യരും പരിഹാസികളുമായ ആളുകളോടൊപ്പമാണ് ഇരുന്നത് ഒന്നാമത്തെ സങ്കീർത്തനം നമുക്കറിയാമല്ലോ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും പത്രോസിനത് സംഭവിച്ചു അപ്പോൾ പടിപടിയായ ഒരു പിന്മാറ്റമാണ് അകലം വിട്ടനുഗമിച്ചു താഴെ ഇരുന്നു ആ തെറ്റായ ലോകമനുഷ്യരോടുകൂടെ ഇരുന്നു ഫലമെന്തുണ്ടായി കർത്താവിനെ മൂന്ന് വട്ടം തള്ളി പറഞ്ഞു ഏതായാലും നമുക്കപ്പം ഈ കാര്യത്തിൽ അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു കാര്യം വരുമ്പോ തന്നെ അല്ലെ കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ഒരു മാറ്റം വരുമ്പോ തന്നെ ഇത് പിന്മാറ്റത്തിലേക്കുള്ള താഴോട്ടുള്ള ഒരു പതനത്തിൻ്റെ തുടക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ നമ്മൾ കാര്യങ്ങളെ ക്രമീകരിച്ചാൽ കർത്താവിനെ തള്ളി പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതേസമയം അവിടെ കാര്യത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ എന്തുപറ്റും താഴെ ഇരിക്കും പിന്മാറ്റക്കാരോടുകൂടെയിരിക്കും പരിഹാസികളോടുകൂടെയിരിക്കും അവസാന കർത്താവിനെ തള്ളിപ്പറയും അതുകൊണ്ട് ഇത് പത്രോസിനുണ്ടായ ഈ തള്ളിപ്പറയലിൻ്റെ പിന്നിലുള്ള ആ പിന്മാറ്റത്തിൻ്റെ പടികൾ നമ്മൾ ധ്യാനിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് അത് ഒഴിവാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ ഇവിടെ ഈ പത്രോസിൻ്റെ ആ പിന്മാറ്റത്തിൻ്റെ കാര്യം രേഖപ്പെടുത്തുമ്പോൾ ഒരു രണ്ട് വാക്കില് രണ്ട് വാക്യത്തിൽ ഒരു ചെറിയ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ പതിനാലിൻ്റെ അൻപത്തൊന്ന് അൻപത്തിരണ്ട് വാക്യങ്ങൾ ഒരു ബാല്യക്കാരൻ വെറു ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവർ പിടിച്ചു അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി ഈ ബാല്യക്കാരൻ ആരാണ് എന്ന് എങ്ങും രേഖപ്പെടുത്തുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഈ രണ്ടു വാക്കിൽ രണ്ട് വാക്യത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം ഇത് ഈ സുവിശേഷം എഴുതിയ മർക്കോസിൻ്റെ തന്നെ അനുഭവമായിരുന്നു എന്നാണ് നമുക്ക് കരുതാവുന്നത് മർക്കോസ് ഒരു ബാല്യക്കാരനായിരുന്നു അവൻ എന്താ കർത്താവിനെ ഈ സ ഈ ഗസവനത്തോട്ടത്തിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗത്ത് കർത്താവുമായിട്ട് ബന്ധമുള്ളവനെന്നുള്ള നിലയിൽ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ശരീരത്തിന് മേൽ പുതപ്പും പുതച്ചുകൊണ്ട് വന്നു അവനെ പിടിച്ചു അവൻ പുതപ്പുട്ട് നഗ്നനായി ഓടിപ്പോയി അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പരാജയത്തിന്റെ രംഗമായത് ആ പരാജയത്തിന്റെ രംഗം മർക്കോസ് എന്തുകൊണ്ടാണ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു ഈ മർക്കോസിന്റെ സുവിശേഷം എഴുതാനുള്ള കരുക്കളൊക്കെയും പത്രോസിനോട് ചോദിച്ചാണ് പത്രോസിൽ നിന്നാണ് മർക്കോസിന് ലഭിച്ചത് അപ്പോ മർക്കോസിനോട് പത്രോസ് സ്വന്തം പരാജയത്തിന്റെ കാര്യങ്ങൾ ഒട്ടും മറച്ചു വെക്കാതെ പത്രോസ് സ്വന്തം പേരും ഒക്കെ പറഞ്ഞ് പറഞ്ഞുകൊടുത്ത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ മർക്കോസ് അത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു എൻ്റെ പരാജയവും ഞാൻ മറച്ചു വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ രേഖപ്പെടുത്തി എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും മർക്കോസ് നമുക്കറിയാവുന്നതുപോലെ എറിശ്ലേമിലെ മാളിക മുറിയൊക്കെ ഉണ്ടായ ഒരു നല്ല ഒരു സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു വീട്ടിലുള്ള എന്നാ കർത്താവിനെ പിൻപറ്റാനായിട്ട് താല്പര്യമുള്ള ഒരു ബാല്യക്കാരനായിരുന്നു അവൻ ആ ബാല്യക്കാരൻ്റെതായ വീഴ്ചകൾടെ ഭാഗമായിട്ടാണ് അവന് കർത്താ പടയാളികളെ പിടിച്ചപ്പോൾ അവൻ ഓടിപ്പോയത് പത്രോസ് പോലും കർത്താവിനെ തള്ളി ഒരു രംഗത്ത് അവനും അവൻ്റെ വീഴ്ചയുടെ ആ കാര്യം മറച്ചുവെക്കാതെ രണ്ട് വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തുകയാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയ മർക്കോസ് പത്രോസിൽ നിന്നാണ് ഇതിന് വേണ്ട വിവരങ്ങളെല്ലാം ലഭിച്ചത് അപ്പോൾ പത്രോസ് തന്നെ തന്നെ തുറന്നിട്ടപ്പം മർക്കോസും വിചാരിച്ചു ഞാനും എന്നെ തന്നെ തുറന്നിടാം അവനും അത് മറച്ചു വച്ചില്ല പ്രിയപ്പെട്ടവര് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മർക്കോസിൻ്റെ ജീവിതത്തിൽ പിന്നീടും പരാജയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോ സ്ഥലപ്രവൃത്തി പന്ത്രണ്ട് എൻ്റെ പൗലോസും ഭർന്നബാസും പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പോകുമ്പം അവരോടൊപ്പം പോയ ആളാണ് മർക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തി അഞ്ച് അപ്പോ സിലെ പ്രവൃത്തി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് പക്ഷെ പതിമൂന്നിന്റെ ഇവിടെ നമ്മൾ വായിച്ച പോലെ അവൻ കർത്താവിനെ വിട്ട് നഗ്നായി ഓടി പോയെന്ന് പറഞ്ഞതുപോലെ ഈ പൗലോസിനെയും ബർണബാസിനെയും വിട്ട് മർക്കോസ് എന്ത് ചെയ്തു സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നുവെച്ചാൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഉണ്ടായ കഷ്ടപ്പാടൊക്കെ വന്നപ്പം അവന് സുഖമായിട്ട് ജീവിച്ചിരുന്ന അവന് അതിനോടൊപ്പം നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല അവൻ മടങ്ങിപ്പോയി അത് ഇവിടെ കണ്ടതുപോലെ ഒരു പിന്മാറ്റമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്നാൽ കാര്യം അവിടെ അവസാനിക്കുന്നില്ല അപ്പോ ചിലപ്പോഴത്തെ പതിനഞ്ചിൻ്റെ മുപ്പത്താറ് നാൽപ്പത് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞു വിട്ടുപോയ അവന് ഇനിയിപ്പം നമ്മടോടൊപ്പം വരാൻ താല്പര്യമുണ്ട് പക്ഷെ അവനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഭർണബാസ് എന്ത് ചെയ്തു ഒരു ചെറുപ്പക്കാരൻ അവനൊരു വീഴ്ച ഉണ്ടായെങ്കിലും അവനൊരു കൈത്താങ്ങല് കൊടുക്കാമെന്ന് പറഞ്ഞ് ഭർന്നബാസ് ഈ മർക്കോസിനെ ഒപ്പം കൊണ്ടുപോകുന്നു അതിൻ്റെ ഫലം എന്താ അതിൻ്റെ ഫലം നമ്മൾ പിന്നീട് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു പത്രോസ് അവിടെ മർക്കോസിനെ കുറിച്ച് എന്താ പറയുന്നത് എൻ്റെ പ്രിയ മകനായ മർക്കോസ് എന്നാണ് രേഖപ്പെടുത്തുന്നത് അപ്പം കണ്ടോ മർക്കോസിന് ഒരു പിന്മാറ്റമുണ്ടായി സുവിശേഷ പ്രവർത്തനത്തിന് പോയി ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടായി പക്ഷെ അതിൽ നിന്ന് അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ബർന്നബാസ് ദൈവത്തിൻ്റെ ഹൃദയമുള്ള ബർനബാസ് അവനെ കൈക്കൊണ്ടു അവനെ പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് മർക്കോസ് മർക്കോസിനെ പത്രോസിനെ പോലുള്ള വലിയ അപ്പോസ്തലൻ എൻ്റെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നു തനിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പൗലോസ് പോലും തൻ്റെ ഒടുവിലത്തെ ലേഖനത്തിൽ രണ്ട് തീമത്തിയോസ് നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നിൽ മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകിയാൽ അവനെ കൊണ്ടുവരിക എന്ന് പറയുന്നു അപ്പം കണ്ടോ ഒരു കാലത്ത് മർക്കോസിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ് പൗലോസ് അവൻ്റെ മടങ്ങിപ്പോക്ക് ഇഷ്ടപ്പെടാതിരുന്നവനാണ് പക്ഷേ മർക്കോസ് അത് ആ പൗലോസിൻ്റെ ശാസനൊന്നും വക വെക്കാതെ പിന്നെയും പൗലോസിനെയും പത്രോസിനെയും ഒക്കെ സേവിച്ച് നിന്നതിൻ്റെ ഫലമായി അവൻ എനിക്ക് പ്രയോജനമുള്ളവനാണ് എന്ന പൗലോസ് തൻ്റെ അവസാന ലേഖനത്തിൽ മർക്കോസിനെ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് തരുന്നത് വലിയ ഒരു പ്രോത്സാഹനമാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാൻ ചില വീഴ്ചകൾ സംഭവിക്കാം ചില പിന്മാറ്റങ്ങൾ സംഭവിക്കാം ആ ബാല്യക്കാരൻ കർത്താവിനെ വിട്ടോടിപ്പോയവനാണ് പക്ഷെ അവനാണ് ആദ്യത്തെ കാലഘടനയനുസരിച്ചുള്ള ആദ്യത്തെ സുവിശേഷം അവനാണ് എഴുതിയത് മർക്കോസാണ് എഴുതിയത് അവൻ സുവിശേഷ പ്രവർത്തനത്തിന് വന്നിട്ട് പിന്മാറിപ്പോയവനാണ് പക്ഷെ അവന് എനിക്ക് പ്രയോജനമുള്ളവനാണ് എന്ന് പൗലോസ് തന്നെ പറയുന്നു പത്രോ സ്വന്തം മകൻ എന്ന് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു ആ നിലയിൽ വാത്സല്യത്തോടെ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് നമുക്കൊരു പിന്മാറ്റം വന്നാലും നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് എന്തുണ്ട് നമുക്ക് ആ നിലയിൽ നമ്മുടെ മുമ്പിൽ വാതലടഞ്ഞു പോയിട്ടില്ല നമുക്ക് മടങ്ങി വരാനൊക്കും പശ്ചാത്തലത്തോടെ മടങ്ങി വന്നാൽ നമ്മുടെ പിന്മാറ്റത്തെ എല്ലാം അതിൻ്റെ ആ കറുപ്പുകളെ എല്ലാം മായിച്ച് അനുഗ്രഹീതമായ പ്രകാശമുള്ള ഒരു ജീവിതം നമുക്ക് പിന്നീട് ദൈവം തരും ആ വലിവനായ ദൈവത്തിൻ്റെ കരുണയെയാണ് മർക്കോസ് ഈ ഇതിൻ്റെ അൻപത്തൊന്ന് അൻപത്തിരണ്ട് വാക്യങ്ങളിൽ സ്വന്തം അനുഭവത്തിലൂടെ രേഖപ്പെടുത്തുന്നത് അതിൽ നിന്ന് നമുക്ക് പ്രോത്സാഹനവും ഉത്സാഹവും എടുക്കാം കർത്താവിനെ നമുക്ക് പിൻപറ്റാം ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അനുഗമിക്കാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുക